ഒരു ഭാര്യയ്ക്കു പകരം മറ്റൊരു ഭാര്യയെ നിങ്ങൾ ആഗ്രഹിക്കുകയും അവരിൽ ഒരാൾക്ക് വലിയൊരു സമ്പത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് യാതൊന്നും നിങ്ങൾ തിരിച്ചുപിടിക്കരുത് നിങ്ങളത് അന്യായമായും പ്രത്യക്ഷമായ പാപമായും തിരിച്ചുപിടിക്കാൻ ഉദ്ദേശിക്കുന്നുവോ